ം നാല് പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും വൈദികൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിന്റെയും പ്രദർഭവനത്തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട് ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്നപോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശുർ രാജാവായോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു അതിന് സിരുബാബേലും യേശുവേയും ശേഷം ഇസ്രയേൽ പ്രതിർഭവന തലവന്മാരും അവരോട് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല പർസി രാജാവായ കോരശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദര്യാവേശിന്റെ വാഴ്ചവരെയും അവർക്കു വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി അഹശരേഷിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരുഷലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായ പത്രം എഴുതി അയച്ചു ബിസ്ലാമും മിത്ര ദാത്തും ശേഷം അവരുടെ കൂട്ടക്കാരും പഴസി രാജാവായ അർദ്ധശ്രഷ്ടാവിന് ഒരു പത്രിക എഴുതി അയച്ചു പത്രിക ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു ധർമാധ്യക്ഷനായ രഹൂമും ശിൻഷായിയും എരുശലേമിനെ വിരോധമായി അർദ്ധശ്രഷ്ട രാജാവിന് ഒരു പത്രിക എഴുതി അയച്ചു ധർമാധ്യക്ഷൻ രഹൂമും രായസക്കാരൻ ശിൻഷായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ീന്യർ അഫർസത്യർ തർപ്പല്യർ അഫർസ്യർ അർക്കവ്യർ ബാബേല്യർ ശുശന്യർ ദേഹാവ്യർ ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ പിടിച്ചുകൊണ്ടുവന്ന് ശമരിയാ പട്ടണങ്ങളിലും നദിക്കിക്കരെ മറ്റു ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികളും ഇത്യാദി അവർ അർത്ഥശ്രഷ്ട രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ നദിക്കിക്കരയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ എരുസലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിന്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കയില്ല അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവിന് ബോധിച്ചിരിക്കണം എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകെയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായികയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചു കൊള്ളുന്നു അവിടുത്തെ പിതാക്കന്മാരുടെ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവമുള്ള പട്ടണമെന്നും പുരാതനമേ കലഹമുണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചുകിടക്കുന്നു എന്നും വൃത്താന്ത നിന്ന് അറിവാറാകും ഈ പട്ടണം പണിയുകയും അതിന്റെ മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അതുനിമിത്തം അവിടത്തേക്ക് നദിക്കരെ ഒരവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് രാജാവിനെ ഉണർത്തിച്ചു കൊള്ളുന്നു രാജാവ് ധർമാധ്യക്ഷനായ രഹൂമിനും രാജസക്കാരനായ ശിംശായിക്കും ശമരിയാ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്കും അക്കരയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത് നിങ്ങൾക്ക് കുശലം ഇത്യാദി നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്തു നിൽക്കുന്നതെന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും എരുശിലേമിൽ രാജാക്കന്മാർ ഉണ്ടായിരുന്നു അവർ നദിക്കരെയുള്ള നാടൊക്കെയും വാണ് കരവും നികുതിയും ചുങ്കവും വാങ്ങിവന്നു എന്നും കണ്ടിരിക്കുന്നു ആകയാൽ നാം മറ്റൊരു കൽപ്പന അയയ്ക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് അജ്ഞാബിപ്പീൻ നിങ്ങൾ അതിലുപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിക്കും രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത് അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹുവും ായസക്കാരനായ ശിംഷായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ എരിശിലേമിൽ യഹൂദന്മാരുടെ എടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് ബലാൽക്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി അങ്ങനെ എരിശിലേമിലെ ദൈവാലയത്തിന്റെ പണി മുടങ്ങി പഴ്സി രാജാവായ ദര്യാവേശിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടുവരെ പണി മുടങ്ങിക്കിടന്നു